আলহামদুলিল্লাহ নাহমাদুহু ওয়া نستাইনুহু ওয়া নুকিনিহী ওয়া নাতাওাক্কালু আলাইহ ওয়া নাউযু বিল্লাহি মিন শুর URI আনফুসিনা ওয়া মিন সাইয়ি আতি আমালিনা মান ইয়াহদিহিল্লাহু ফালা মুদলিলা ওয়া মান ইউদলিল ফালা হাদিয়া লা ওয়া আশহাদু আল্লা ইলাহা ইল্লাল্লাহ ওয়া আশহাদু আন্না মুহাম্মাদান আবদুহু ওয়া রাসূলু আরসালহু বিল হুদা ওয়া দীনিল হক ി മുഹമ്മദ് अम्मा बअद फिन्न खैरल कलामी कलामुल्ला व खैरल हदीथी किताबुल्ला व खैरल हदीय हदीयु मुहम्मदिन सल्लल्लाहु अलैहि वसल्लम व शर्रुल उमूरी मुह्तथातुहा व कुल्ल मुहद्दथतिन बिदअ व कुल्ल बिदअतिन दलाला अऊजु बिललाहि मिनश शैतानिर रजीम बिस्मिल्लाहिर रहमानिर रहीम യാുഹല്ലീന ആ മനുത്തകുല്ലാഹ കത്തു കാത്തിലതു മൂത്തുൻ നയില്ലാവ അസ്ലിമോൻ യാഹന്നാസുദുക്കുറോന് മത്താഹി അലൈക്കും ഹൽമിൻ ഇൻവൈഹി അർജു കുക്കുംസമാ ും സ്നേഹമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ സർവശക്തനായ സർവലോകനിയന്താവായ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ ജീവിതത്തിൽ നാം ധാരാളം ആളുകളോട് ഇടപഴകിയിട്ടുണ്ട് നമ്മുടെ കുടുംബത്തിലും ബന്ധത്തിലുമുള്ള അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള നമ്മുടെ ഭാഷക്കാരും ദേശക്കാരും ആയിട്ടുള്ളവരുമല്ലാത്തവരുമായ ഒട്ടനവധി ആളുകളുമായി സഹസ് സഹവസിക്കുവാനും അതേപോലെ തന്നെ ഒന്നിച്ച് താമസിക്കുവാനുമെല്ലാം നമുക്ക് പലപ്പോഴും അവസരമുണ്ടായിട്ടുണ്ടായിരിക്കാം ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ അവിടെ പെരുമാറ്റങ്ങളുടെയും സ്വഭാവങ്ങളെയും കുറിച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ പലപ്പോഴും നാം ആത്മാർത്ഥതയോടുകൂടെ നിഷ്കളങ്കതയോടുകൂടെ നമ്മളോട് ബന്ധപ്പെടുന്ന നമ്മുടെ കുടുംബങ്ങൾക്കോ ബന്ധുക്കൾക്കോ ഭാര്യക്കോ ഭർത്താവിനോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ റൂമിൽ ഒന്നിച്ച് താമസിക്കുന്നവർക്കോ നമ്മുടെ സഹപ്രവർത്തകർക്കോ ആർക്കാവട്ടെ നമ്മൾ ആത്മാർത്ഥമായ എന്തെങ്കിലും സഹായങ്ങളോ സഹകരണങ്ങളോ ചെയ്ത് കൊടുത്ത് അവരതിന് ഒരു നന്ദിയുള്ള രൂപത്തിൽ നമ്മളോട് പ്രതികരിച്ചിട്ടില്ല അത്തരം ആളുകളോടാണ് നമുക്ക് എപ്പോഴും ഏറ്റവുമധികം മാനസികമായി അകലവും വെറുപ്പും തോന്നാറുള്ളത് ഞാൻ ഇത്രയൊക്കെ അവനെ സ്നേഹിച്ചിട്ടും കഷ്ടപ്പെട്ടിട്ടും അവൻ ഇത്രയൊക്കെ ഞാൻ സഹായങ്ങളും സൌകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടും അവൻ എന്തുകൊണ്ടാണ് എന്നോട് ഒരു നന്ദി കാണിക്കാതിരുന്നത് എന്ന് പലപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ട് ഏത് ബന്ധങ്ങളിലും നമുക്കനുഭവപ്പെടുന്ന വെറുപ്പ് നമുക്ക് അനുഭവപ്പെടുന്ന അകലം നമുക്കനുഭവപ്പെടുന്ന പിണക്കം ഞാൻ ചെയ്ത പോലെ അവൻ തിരിച്ചു ചെയ്തില്ലല്ലോ ഞാൻ കാണിച്ച പോലെയുള്ള ഒരു സഹകരണം അവൻ കാണിച്ചില്ലല്ലോ ഞാൻ അവൻ ഇത്രയൊക്കെ ചെയ്തിട്ടും അവൻ നന്ദിയോടുകൂടെയുള്ള ഒരു ബന്ധം കാത്തു സൂക്ഷിച്ചില്ലല്ലോ നന്ദി കാണിക്കാതിരിക്കുക നമുക്ക് തീരെ സഹിക്കാൻ പറ്റാത്തതും ഉൾക്കൊള്ളാൻ പറ്റാത്തതുമാണ് ഒരു പക്ഷേ നമ്മുടെ മനസ്സെപ്പോഴും വേദനിക്കുന്നത് ആ നന്ദി കേടിനെ കുറിച്ചാണ് നാം ഏറെ സ്നേഹിച്ച നാം ഏറെ പ്രതീക്ഷയർപ്പിച്ച നമ്മുടെ മക്കൾ നമ്മളോട് എപ്പോഴെങ്കിലും തെറ്റായി പ്രതികരിച്ചാൽ ആ പ്രതികരണം അല്ലെങ്കിൽ ആ നന്ദിയില്ലാത്ത വാക്ക് ആ നന്ദിയില്ലാത്ത പെരുമാറ്റം ആ നന്ദിയില്ലാത്ത സമീപനം മനസ്സിനെന്നും മായ്ച്ചുകളയാൻ പറ്റാത്തൊരു വേദനയായി കിടക്കും നന്ദിയോടുകൂടെ പരസ്പരം സഹകരിക്കുക നന്ദിയുള്ളവനായിത്തീരുക ഇത് ഏറ്റവും നല്ലൊരു സ്വഭാവമാണ് ഇസ്ലാം ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു സ്വഭാവമാണ് നോക്കൂ നിങ്ങൾ നാളെ നരകത്തിൽ സ്ത്രീകളെ അധികം കാണിക്കപ്പെട്ടപ്പോൾ എന്തുകൊണ്ട് എന്ന് ചോദിച്ചതിന് ഡവിശ്വാസമ പറഞ്ഞ മറുപടി ജീവിതത്തിൽ ഏറ്റവും അധികം അവളോട് ബന്ധപ്പെട്ട് ജീവിച്ച അവൾക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്ത അവളുടെ നന്മയ്ക്ക് വേണ്ടി അവളുടെ സന്തോഷത്തിന് വേണ്ടി അവളുടെ സുസ്ഥിതിക്ക് വേണ്ടി ആരോഗ്യത്തിന് വേണ്ടി ഏത് സന്ദർഭത്തിലും വേദനകളും വിഷമങ്ങളും അനുഭവിച്ച് സമയവും പണവും ചെലവാക്കിയ ഭർത്താവിനോട് നൽ അഷീറ ഭർത്താവിനോട് കാണിക്കുന്ന നന്ദി അത് ഒരു സ്ത്രീയുടെ ദാമ്പത്യ കുടുംബ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റും ഏറ്റവും അധികം നരകത്തിൽ പോവാനുള്ള കാരണവുമായിട്ട് നിബിസ്ലാസ്മ നമ്മളെ പഠിപ്പിച്ചത് അവർ നരകത്തിൽ വരാനുള്ള കാരണം നന്ദി കാണിച്ചില്ല എന്നതാണ് അപ്പൊ നന്ദി കാണിക്കാത്ത സമയങ്ങളിലെല്ലാം ആ ഭർത്താവിന്റെ മനസ്സ് എത്ര വേദനിച്ചിട്ടുണ്ടായിരിക്കും എന്തു ചെയ്തു കൊടുത്താലും ഒന്നും ചെയ്തില്ലെന്ന് പറയുന്നവർ അല്ലെങ്കിൽ എപ്പോഴാണ് നിങ്ങൾ ഇങ്ങനെ അല്ലെങ്കിൽ ഇത്രയും കൊല്ലക്കണക്കിന് ജീവിച്ചിട്ട് എന്താണ് എനിക്ക് കിട്ടിയത് നന്ദിയില്ലാത്ത വാക്കുകൾ അല്ലെങ്കിൽ നന്ദിയില്ലെന്ന് അറിയിക്കുന്ന വാക്കുകൾ പ്രയോഗങ്ങൾ എന്തുമാത്രം വേദന സൃഷ്ടിക്കും ഒരു മനസ്സിൽ അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നന്ദി എന്നുള്ള ശുക്ർ എന്നുള്ള ഈ വാക്കിന് വളരെ പ്രധാനപ്പെട്ട ചില തലങ്ങളുണ്ട് ഒരു പക്ഷേ ആ നന്ദി ബോധം മാത്രം മതി നമ്മൾ എവിടെയും നന്നാവാം ഒരു നല്ല പിതാവാകാൻ ഒരു നല്ല ഭർത്താവാകാൻ സ്വർഗത്തിന്റെ അവകാശിയായ ഒരു നല്ല വിശ്വാസിയാവാൻ എപ്പോഴും നമുക്കുണ്ടാവേണ്ടത് നന്ദിയാണ് സഹോദരങ്ങൾ നന്ദി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം ജീവിതത്തിൽ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് അനുഭവങ്ങളെക്കുറിച്ച് ചിന്തിക്കണം പോരായ്മകളെക്കുറിച്ചും കുറവുകളെ ഇല്ലായ്മകളെക്കുറിച്ചും വിഷമങ്ങളെക്കുറിച്ചും മാത്രം ആലോചിക്കുന്നവർക്ക് ഉള്ളതിനെക്കുറിച്ച് ചിന്തിക്കാനും സന്തോഷിക്കാനും നന്ദി പറയാനും ഇവിടെ സമയം ആയിരക്കണക്കിന് അവയവങ്ങൾ ആരോഗ്യത്തോടു കൂടെ പ്രവർത്തിക്കുമ്പോഴും ആരോഗ്യകരമല്ലാതെ ഇട്ടവർ ആരോ രോഗാവസ്ഥ ഏതെങ്കിലും ശരീരത്തിന്റെ ഭാഗത്തുള്ള ഒരു രോഗത്തെ മാത്രം ചിന്തിക്കുന്നവന് നടന്നു പോകുന്ന സുഗമമായി ജീവിതത്തിന്റെ ശരീരത്തിന്റെ ബാക്കി കാര്യങ്ങളെക്കുറിച്ചുള്ള അനുഗ്രഹങ്ങളെ ചിന്തിക്കാൻ എവിടെ സമയം ജീവിതത്തിൽ കോടിക്കണക്കിന് രൂപയുടെ അനുഭവങ്ങളുമായി ജീവിക്കുന്നവന് വീട്ടാനുള്ള ഒരു അൻപതിനായിരം രൂപയുടെ കടത്തെക്കുറിച്ച് ചിന്തിക്കുന്നവൻ എവിടെയാണ് കോടികൾക്ക് മുകളിൽ കയറി നിന്ന് കോടികളുടെ വീടും കോടികളുടെ ജീവിത സൗകര്യങ്ങളും ഉണ്ടാകുമ്പോൾ ആ കടത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവനെ ജീവിതത്തിൽ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ആലോചിക്കാൻ എവിടെയാണ് സമയം അതുകൊണ്ട് ഒരുപക്ഷെ ജീവിതത്തിൽ എന്താണ് നിർവഹിക്കാനുള്ളത് എന്നതിന് കുർആാന് പറയാനുള്ള ഉത്തരം നന്ദിയുള്ളവനായി ജീവിക്കാൻ തന്നെയാണ് ഇന്നാ ഹാസ്സബീല മനുഷ്യനെ സൃഷ്ടിച്ച് മുന്നിൽ ഒരു വഴി കാണിച്ചു കൊടുത്തിട്ട് പടച്ചോ നോക്കണ് ഇവ നന്ദിയുള്ളവനാണോ ജീവിതത്തിന്റെ ആകെ തുക മരിക്കുമ്പോൾ നന്ദിയുള്ളവനായി ജീവിച്ചോ നന്ദി ജീവിച്ചോ ഇതാണ് പടച്ച തമ്പുരാൻ ഒരു ജീവിതകാലം മുഴുവൻ മനുഷ്യൻ ജീവിച്ചിട്ട് ആലോചിക്കുന്ന കാര്യം സഹോദരങ്ങളെ ഒരു തിരിച്ചറിവ് ഉണ്ടാവണം അന്നാവ് നമുക്ക് നന്ദ അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഉണ്ടാവുകയും അള്ളാഹുന് നന്ദിയാകുന്നുള്ളൊരടിമയാവുകയും ചെയ്യുക എന്നതാണ് യഥാർത്ഥ ജീവിതത്തിൽ ഏറ്റവും വലിയ അർത്ഥം ഷേഖു ഇസ്ലാ ഇബിനു തീമിയെ പറഞ്ഞു മനുഷ്യൻ അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ കുറിച്ച് എങ്ങനെ സഹോദരങ്ങളെ വിശദീകരിക്കാം ആർക്കത് എണ്ണാൻ പറ്റുക ആർക്കത് പറയാൻ പറ്റുക എനിക്ക് കിട്ടിയത് പലതും നമുക്ക് പലർക്കും വേറെ ആർക്ക് കിട്ടിയിട്ടില്ല അയാൾക്ക് കിട്ടിയത് പലതും എനിക്ക് കിട്ടിയിട്ടില്ല ഒരിക്കലും സമാനപ്പെടാത്ത തുല്യപ്പെടുത്താൻ പറ്റാത്ത മറ്റൊന്നുമായി താരതമ്യം ചെയ്യാൻ പറ്റാത്ത അനുഗ്രഹങ്ങളാണ് അള്ളാഹു പ്രത്യക്ഷമായും പരോക്ഷമായും നമുക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കിടന്നിങ്ങനെ ഒരു സെക്കൻഡ് നേരം അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ കൂമ്പാരങ്ങളിൽ കിടന്ന് കുത്തി മറിയുകയാണ് നമ്മൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ് സഹോദരങ്ങളെ ഏത് സൈഡിലും ആ അനുഗ്രഹങ്ങൾക്കിടയിലാണ് നമ്മൾ ഇങ്ങനെ നടന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അധികം ചിന്തിക്കാനും അധികം ആലോചിക്കാനും നമ്മുടെ സഹോദരങ്ങളെ വരുമ്പന്ത് കൊടുക്കുന്നു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ എന്താ കൂടുന്നത് സഹോദരങ്ങളെ ഒരു രണ്ടര മൂന്ന് കിലോ തൂക്കത്തിൽ പടച്ച തമ്പുരാൻ അത്ഭുതകരമായ ഒരാത്മാവിനേയും അതേപോലെ തന്നെ ശരീരാവയവങ്ങളെയും സുന്ദരമായി ഘടിപ്പിച്ച് എത്ര മനോഹരമായും എത്ര സുന്ദരമായിട്ടാണ് വാപ്പാനിമ്മാനി കൈക്ക് പ്രസവിച്ചു വീണപ്പോൾ എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചു ഒന്നും കൊണ്ടു വന്നില്ല സഹോദരങ്ങള് കൊല്ലമോ തൊണ്ണൂറ് കൊല്ലമോ ജീവിക്കാൻ ഒന്നും കരുതിയല്ല നാം വന്നത് ഒരു ദിവസത്തെ യാത്രക്ക് പോലും ഒരു ബ്രഷും ഒരു പേസ്റ്റും ഒരു കള്ളി തുണിയും കയ്യിൽ വെക്കുന്ന ഒരു നൂറ്റാണ്ടുകാലം ജീവിക്കാൻ എന്തു കൊണ്ടുവന്നു ഇവിടെ പറച്ചൻ ചോദിക്കുന്ന ചോദ്യം ഒന്നും കൊണ്ടുവന്നില്ല എന്നിട്ട് കയ്യിലുള്ളതെല്ലാം തന്റേതാണെന്ന അഹങ്കാരത്തോട് പറഞ്ഞ് ഒന്നു വിനയപ്പെടാതെ നന്ദിയില്ലാതെ ജീവിക്കുന്നുവോ മനുഷ്യൻ വല്ലാഹു അഹ്റക്കും ഉം മഹാത്തിക്കും വല്ലാഹു അഹ്റക്കും ഉം മഹാത്തിക്കും നിങ്ങളുടെ മാതാക്കളുടെ ഗർഭപാത്രങ്ങളിൽ നിന്നും നിങ്ങളെ പടച്ച തമ്പുരാൻ പുറത്തേക്ക് കൊണ്ടുവന്നു ലാത്തലമൂണാ ഇന്ന് എനിക്കുണ്ടെന്ന് പറയുന്ന എന്റെ അറിവ് കൊണ്ട് നേടി എന്റെ ബുദ്ധി കൊണ്ട് നേടി എന്റെ കഴിവ് കൊണ്ട് നേടി എന്റെ സാമർഥ്യം കൊണ്ട് നേടി എന്ന് പറയുന്ന ഈ സാമർഥ്യം നിനക്ക് ജനിച്ചപ്പോൾ ഉണ്ടായിരുന്നോ ഈ കഴിവ് നിനക്കുണ്ടായിരുന്നോ ഈ ഭാഷ നിനക്കുണ്ടായിരുന്നോ ഈ അറിവ് നിനക്കുണ്ടായിരുന്നോ ഒന്നുമില്ല പിന്നെ ൊക്കെ നിനക്കുണ്ടാക്കാൻ പടച്ചോൻ എന്ത് നിനക്കുണ്ടെങ്കിലും അതിന് മൂന്നെണ്ണത്തോട് നിനക്ക് കടപ്പാടുണ്ട് ഒന്ന് നിന്റെ കാതിനോട് കാതില്ലെങ്കിൽ ഈ നീ നീ ഈ കണ്ണില്ലെങ്കിൽ ഈ നീ നീയാകുമോ ഈ ഹൃദയമില്ലെങ്കിൽ ഈ നീ നീ ആകുമോ നിനക്കാവാനുള്ളതെല്ലാം തന്നത് കണ്ണും കാതും അതേപോലെ തന്നെ ഹൃദയവുമാണ് അതാര് തന്നു സഹോദരങ്ങളെ അവനോടാണ് കടപ്പാട് ഇന്ന് കയ്യിൽ എണ്ണിയാൽ തീരാത്ത കോഴികൾക്കുള്ള കടപ്പാട് പടച്ചവനോട് എന്തുകൊണ്ട് പടച്ചവൻ തന്ന കണ്ണാണതിന്റെ ആധാരം പടച്ചവൻ തന്ന കാതാണ് അതിന്റെ ആധാരം പടച്ചവൻ തന്ന ഹൃദയമാണ് അതിന്റെ ആധാരം പടച്ചോൻ പറഞ്ഞത് വല്ലാഹു അഹ്റക്കും നിങ്ങൾക്കൊന്നും അറിയുമായിരുന്നില്ല കാഴ്ചയെയും ഹൃദയത്തെയും അവൻ നിങ്ങൾക്കുണ്ടാക്കി തന്നു ല നിങ്ങൾ എന്തേ ചെയ്യേണ്ടു നന്ദി കാണിക്കാൻ സഹോദരങ്ങളെ അല്ല പറയാണ് ഇതൊക്കെ ഞാൻ നന്നാണ് ഞാനുമായി ബന്ധപ്പെടാത്ത ഒന്നും നിനക്കില്ല എന്തുഗ്രഹങ്ങൾ നിനക്ക് വന്നു ചേർന്നാലും അത് ഞാൻ തന്നൂന്ന് നീ സമ്മതിക്കേണ്ടി വരും ഞാനല്ലാതെ നിനക്കാരും ഒന്നും തരില്ലാണ് ഞാനല്ലാതെ നിനക്ക് ഒന്നും തരൂല്ലെന്ന സഹോദരങ്ങളെ ജീവിക്കാൻ നിവർത്തില്ലാത്തവന് അൻപതിനായിരം രൂപ മുടക്കൊരു ഉന്തുവണ്ടികൾ വാങ്ങിക്കൊടുത്തു ഈ ടൗണിൽ എവിടെയോയിട്ട് അവന്റെ കുടുംബത്തെ അവൻ പോറ്റി അവന്റെ ജീവിതത്തിൽ വരുന്ന ഏതൊരു വരുമാനത്തിന്റെ പിന്നിലും ഞാൻ കൊടുത്തൊരു സഹായമാണെന്ന് ഒരുപക്ഷെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കൂലേ സഹോദരങ്ങൾ ഈ കണ്ണും കാതും ഹൃദയവും തന്നു പടച്ചവൻ അവകാശപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടോ എന്റെയും നിങ്ങളുടെയും അടുക്കൽ സഹോദരങ്ങളെല്ലാം അവൻ തന്നു എല്ലാം ഈ കണ്ണും കാഴ്ചയും ജീവിത സാഹചര്യങ്ങളൊക്കെ ഒരു പക്ഷേ പറയുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കാത്ത വശങ്ങൾ അള്ളാഹു വിശുതൂറാൻ പേ തിന്നാൻ തന്നതിനെ പറ്റി മനുഷ്യൻ വലിയ അനുഗ്രഹിക്കാണ് തിന്നാൻ തന്നതിനേക്കാളും വലുതാണ് നിർഭയത്തെന്നാണ് വേണത് സഹോദര സമാധാനത്തോടുകൂടെ പേടില്ലാതൊരു രാത്രി വീട്ടിൽ കഴിച്ചു കൂട്ടാൻ രാത്രി ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ നേരം വെളുക്കോളത്ത് ഉറക്കത്തിന് എത്ര നന്ദി പഠിച്ചോ ചെയ്യണം ഇത് ഈ നാട് ഇവർക്ക് നിർഭയത്തിലതാക്കി കൊടുക്കണം ഇബ്രാഹിം നിർഭയത്തിലതാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അടുത്ത വാചകം അവർക്ക് ഭക്ഷണം കൊടുക്കണം എന്നാണ് പറഞ്ഞു ഇന്ത്യ ഭക്ഷണം കൊടുക്കണം എന്ന് ആദ്യം പറയുന്നത് പേടിച്ചുറങ്ങുന്നവനെന്തിനു ഭക്ഷണം പേടിച്ച് കഴിഞ്ഞു കൂടുന്നവര് എന്തിന് ഭക്ഷണം സഹോദരങ്ങൾ പേടിണ്ടെങ്കിൽ എന്തിനനുഭവിക്കാൻ പറ്റും പേടിണ്ടെങ്കിൽ എന്തെങ്കിലും അനുഭവിക്കാൻ പറ്റും പല രാഷ്ട്രങ്ങളും പല നാട്ടിലും ജീവിക്കുന്ന ആളുകൾ സഹോദരങ്ങളെ മരണത്തിന് മുമ്പിലാ ജീവിക്കുന്നത് അവർക്ക് എന്ത് മക്കൾ എന്ത് കുടുംബ സന്തോഷം എന്ത് ജീവിത സന്തോഷം ഒക്കെ തന്ന് അതിന്റെ ഉള്ളിൽ സഹോദരങ്ങളെ മതിമറന്ന് ജീവിക്കാൻ പടച്ചോം പറഞ്ഞു ം മുഴുവൻ നിങ്ങൾ ഭൂമിയും ആകാശവും മുഴുവൻ നിങ്ങൾക്ക് ഞാൻ കീഴ്പ്പിടുത്തന്നിരിക്കാൻ മനുഷ്യരെ നിങ്ങൾക്ക് ഇന്നോടുള്ള കടപ്പാടിന് അറ്റം ഇല്ലാന്നാണ് അലംതരും നീ ചിന്തിച്ചിട്ടുണ്ടോ നീ കണ്ടില്ലേ Lokale, anyway, ും ആകാശഭൂമികളിലുള്ളതെല്ലാം നിങ്ങൾക്ക് സൗകര്യപ്പെടുമാർ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു പ്രത്യക്ഷവും പരോക്ഷവുമായ അനുഗ്രഹങ്ങളെ അവൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു സഹോദരങ്ങളെ ഈ ഒരു ബോധം പടച്ചോ തന്നത് കലവറയില്ലാതെ കണക്കില്ലാതെ അനുഭവിക്കണ്ട് ഞാനും നിങ്ങളൊന്ന് സഹോദരങ്ങളെ നമുക്ക് ബോധ്യപ്പെട്ടുവെങ്കിൽ ഇതൊക്കെ പടച്ചും വെറുതെ തന്നതല്ലേ സഹോദര ഗവൺമെന്റ് നമുക്ക് എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ ചെറിയൊരു ടാക്സ് ഒക്കെ നമ്മൾ കൊടുക്കണ്ട് ആരത്തെങ്കിലും എന്തെങ്കിലും ഒന്ന് കൈനീട്ടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ മരണം വരെ ആ കടപ്പാട് നിലനിൽക്കും മേലെന്ന് തന്നാൽ അടിയിൽ നിൽക്കുന്ന കൈയ്യൻ എപ്പോഴും ഒരു കടപ്പാട് അതുകൊണ്ടാണ് അള്ളാഹു നോക്കാത്ത സംസ്കരിക്കാത്ത പിന്നെ പരലോകത്ത് ശിക്ഷ കിട്ടുന്ന ആൾക്കാരെ പറ്റി പറഞ്ഞപ്പോൾ കൊടുത്തത് എടുത്തു പറയുന്ന ആളെക്കുറിച്ച് പറഞ്ഞത് എപ്പോഴും ഒരു കടപ്പാടുണ്ടാവും എന്ന സഹോദരങ്ങളെ പടച്ചോനൊന്നും ആവശ്യമില്ലാത്ത ആളാണ് സമതാണവർ ആ പടച്ചോൻ നമുക്കിതൊക്കെ തന്നാൽ ആ തന്ന പടച്ചോൻ എന്താവശ്യപ്പെട്ടോ അത് നമുക്ക് വേണ്ടിയാണ് സഹോദരങ്ങളെ നമ്മൾ രാത്രി ഉറക്കുവച്ച് നിസ്കരിച്ചാൽ നമുക്ക് വേണ്ടിയാണ് നമ്മൾ ഹറാമുകൾ സൂക്ഷിച്ചാൽ നമുക്ക് വേണ്ടി നാം കള്ളു കുടിക്കാതിരുന്നാൽ നമുക്ക് വേണ്ടി നാം പലിശ വാങ്ങാതിരുന്നാൽ സമാധാനത്തോടെ കിടന്നിറങ്ങാം ഒന്നും പടച്ചോനു വേണ്ടിയല്ല നമ്മളെ ഈഹലോകത്തിനും പരലോകത്തിനും വേണ്ടി സഹോദരങ്ങളെ എങ്ങനെ നന്ദി ചെയ്യാം എന്തുകൊണ്ട് നന്ദി ചെയ്യണം നാം ആലോചിക്കേണ്ട കാര്യം ഖുറാൻ നോക്കി ഒന്നാമത്തെ തരൂ ഇപ്പൊ എന്തെങ്കിലും ഞാനിങ്ങൾ അനുഭവിക്കണമെങ്കിൽ അത് നിലനിൽക്കണമെങ്കിൽ സഹോദരങ്ങളെ അതിന് നന്ദി ചെയ്താലേ പർച്ചു നിലനിർത്തുള്ളൂ പണമുണ്ടോ നന്ദി ചെയ്താൽ പണം നിലനിൽക്കും ആരോഗ്യമുണ്ടോ നന്ദി ചെയ്താൽ ഈ ആരോഗ്യം നിലനിൽക്കും സഹോദരങ്ങളെ കുടുംബത്തിലേക്കൊരു സമാധാനം ഉണ്ടോ ആ കുടുംബ ജീവിതം തന്നതിന് നന്ദി ചെയ്താൽ നിലനിൽക്കും അത് പർച്ചം തന്നെ വേണ്ടതാണ് رَبُّكُمْ لَئِنْ شَكَرْتُمْ لَئِنْ كَفَرْتُمْ إِنَّ رَبُّكُمْ ും കഫർത്തും ഇത് അദ്ധന റബുക്കും നിങ്ങൾ റബ്ബു വിളംബരം പറഞ്ഞ് എല്ലാവരും കേൾക്കെ ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു എല്ലാവരെയും പടച്ചതമ്പോരാനറിയിച്ചിരിക്കുന്നു ല ഇൻകർത്തും നിങ്ങൾ നന്ദി കാണിച്ചാൽ ല അസീതും ഞാൻ വർദ്ധിപ്പിച്ചു തരാം വലയിത്തും ഇനി കിട്ടിയതിന്നു നന്ദി കേടാണു നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ എന്റെ ശിക്ഷ കഠിനമാണ് സഹോദരങ്ങളെ ശരിക്കും ആലോചിച്ചുകൊണ്ട് ഞാനും കൂളും നമുക്ക് എന്തല്ല ഇപ്പൊ അനുഭവിക്കാൻ തന്നിട്ടുണ്ടോ അതിനൊരു നന്ദി ജീവിതത്തിൽ ചെയ്യുന്നില്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോണിനെ നമ്മൾ എന്ത് ആലോചിക്കണം പിന്നെ മാത്രല്ല പടച്ചു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാതിരിക്കുന്നത് തെറ്റാണെന്നാ പഠിച്ചു പറഞ്ഞു അത് നന്ദി ചെയ്തിട്ടില്ലെങ്കിൽ അവൻ കുറ്റക്കാരനാണ് നാളെ പരലോകത്ത് നിന്നാണ് നിങ്ങൾ എന്തൊക്കെ ചോദിച്ചോ അതിനൊക്കെ ഞാൻ തന്നിട്ടുണ്ട് നിങ്ങളുടെ ജീവിത ആവശ്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇനി പടച്ചോനോട് നിങ്ങൾ ചോദിച്ചോക്കെ തന്നു ഇനി അതൊക്കെ നിങ്ങളൊന്ന് കണക്കൂട്ടാൻ നിൽക്കണ പറ്റൂല എന്നിട്ട് അതിന്റെ അവസാനം എന്താ രൂപയത്തിന്റെ അവസാനം തീർച്ചയായും മനുഷ്യൻ മഹാഅക്രമിയാണ് പടച്ചോൻ്റെ അത് തിന്നുക കുടിക്കുക സുഖൊക്കെ അനുഭവിക്കാം പടച്ചോന് നേരെ വിപരീതം ചെയ്യാം നന്ദി കെട്ടവനും മഹാ അക്രമിയുമാകുന്നു മനുഷ്യൻ എന്നല്ലെ സുഹൃത്ത് ഇബ്രാഹിമിലള്ളാവ് പറയാൻ അവടെ സഹോദരങ്ങളെ നമുക്കല്ലാകു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്തേ പറ്റൂ അത് നമ്മുടെ കടമയാണ് കടപ്പാടാണ് അത് ചെയ്താലേ ഉള്ളത് നിലനിൽക്കുകയുള്ളൂ നാം മനസ്സിലാക്കണം ഏറ്റവും ഒന്നാമത്തെ എന്താ അറിയൂ പടച്ചോന് ഏറ്റവും ഇഷ്ടമല്ലാത്ത കാര്യം എന്താ പടച്ചോം കൊടുത്തിന് നന്ദി ചെയ്തോല്ലെന്നുള്ള പടച്ചോനാണ് തന്നത് എന്നെങ്കിലും സമ്മതിക്കണം എന്നാണ് ഏറ്റവും മിനിമം പടച്ചോനാണ് തന്നത് എന്ന് സംവദിക്ക എന്തുകൊണ്ടാ സഹോദരങ്ങളെ ശരിക്കും ഏറ്റവും വലിയ പാപമാകാൻ കാരണം അതാ പടച്ചോം കാണുന്നത് ഏറ്റവും വലിയ പാപം കാരണം പടച്ചോൺ കൊടുത്ത് കുട്ടി പടച്ചോൻ്റെതല്ലാന്ന് പറയാ വലരെ വലിയ തെറ്റം എന്താ പടച്ചോൻ കൊടുത്ത വീടിന്റെ ഐശ്വര്യം ആ ഐശ്വര്യത്തിന്റെ ഉടമസ്ഥനായി ഏതെങ്കിലും മഹാത്മാവിനെയോ പുണ്യാത്മാവിനെയോ രക്തസാക്ഷിയെയോ കാണുക ഞാനൊരു ഇരുപത് കൊല്ലം സമാധാനായിട്ട് ഈ വീട്ടിൽ കഴിഞ്ഞു കൂടാൻ കാരണം വീട് കുടിയിരിക്കണ അന്ന് എന്താണ് ഇന്ന ആളെ പേരിൽ ഒരു മൗലിത് കഴിച്ചതുകൊണ്ടാണ് എനിക്ക് ഈ പത്തിരുപത് കൊല്ലം ഐശ്വര്യമായിട്ട് ഈ വീട് നിലനിന്നതെന്ന് ഒരാള് വിശ്വസിച്ചാൽ എന്താ നന്ദികടല്ലേ സഹോദരങ്ങള് അതാ പറഞ്ഞു പടച്ചോൺ തന്നത് പടച്ചോൺ തന്നതാണെന്ന് സംഭവിക്കാം അതൊരു മിനിമ എന്ന് പറഞ്ഞു അല്ലാഹി ആലയിക്കും ഏ ജനങ്ങളെ അല്ലാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ ഓർക്കണം അള്ളാഹുവല്ലാത്ത വല്ല സൃഷ്ടാവും നിങ്ങൾക്കുണ്ടോ മിനു ഉപരിൽ നിന്നും നിങ്ങൾക്ക് ആഹാരം തരാൻ ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ആഹാരം തരാൻ ലാ ഇലാഹഇ ഇല്ലാഹു അവനല്ലാതെ ആരാധിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ നേർച്ചു നേരുവാൻ വിവാദത്തർപ്പിക്കുവാൻ അവനല്ലാതെ ഒരാളുമില്ല ഫുഫകൂൻ എങ്ങനെയാണ് നിങ്ങൾ തെറ്റിക്കപ്പെടുന്നത് പടച്ചോൻ തന്നത് പടച്ചോന എന്ന് പറ അത് സമ്മതിക്കാതെ ഈ ലോകത്ത് ജീവിച്ചോനെ പടച്ചോൻ നരകത്തുനിന്ന് പുറത്തു കിടക്കാൻ സമ്മതിക്കൂ സവാദ പടച്ചോം കൊടുത്ത അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുടെ പേരിൽ ചാർത്തിപ്പറഞ്ഞവരെ നരകത്തുനിന്ന് പുറത്തെടുക്കാൻ സ്വർഗത്തിന്റെ മഹാനുഗ്രഹങ്ങളിലേക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അള്ളാഹുവിനെ തന്നെ സമ്മതിക്കാത്തവന് പരലോകത്ത് അനുഗ്രഹത്തിന്റെ പൂർണ്ണതയായ സ്വർഗ്ഗം കാണിച്ചു കൊടുക്കൂല അതുകൊണ്ട് പടച്ചോൻ തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പടച്ചോനോട് മാത്രം പറയാം അവന് മാത്രം നേർച്ചു കൊടുക്കാം മാത്രമല്ല സഹോദര ഓരോന്നും ചോദിക്കുന്നതാണ് മുസ്ലിമിന്റെ ഒരു ഹദീസ് ഈ ഹുത്തുമ്പോഴാണ് ഞാൻ ഈ ഹദീസ് വായിച്ചത് ആദ്യമായിട്ട് സഹോദരങ്ങളെയോ നമ്മള് എത്രമാത്രം കടപ്പാട് നമുക്ക് ആലോചിച്ചു പടച്ചോം പറയണം പുതുസിയായ ഹദീസ് ഇമാ മുസ്ലിം റിപ്പോർട്ട് ചെയ്യാണ് കിയാമത് നാൾ വരുമ്പോ അള്ള അള്ളാന്റെ അടിമിനോട് ചോദിക്കാൻ അലം ഉല്ല ഞാൻ നിന്നെ ആദരിച്ചില്ലേ നിന്റെ സമൂഹത്തിൽ നീ ജീവിച്ച എല്ലാ സ്ഥലങ്ങളിലും സമൂഹത്തിൽ മറ്റുള്ളവർക്കില്ലാത്തൊരു ആദരവ് ഞാൻ നിനക്ക് തന്നിട്ടില്ലേ പക്ഷെ ചോദിക്കണം സഹോദരങ്ങളിൽ നാം അനുഭവിക്കുന്ന സ്ഥാനം നാം അനുഭവിക്കുന്ന ഡെസിഗ്നേഷൻ അതൊക്കെ മറ്റുള്ളവർക്കിടയിൽ നമുക്ക് അത് നമ്മുടെ ഒരു മഹത്വമായി കൂട്ടണ്ട പടച്ചോം കയ്യിൽ കൊടുക്കുന്നത് ഓ ഉസവ ഞാൻ നിന്റെ നേതാവാക്കിയില് പല ആളുകളും നിന്റെ ബഹുമാനിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് കൊണ്ടുപോയി ഇരുത്തിയിൽ ഓ ഉസുക്ക നല്ലൊരു ദാമ്പത്യത്തിന് നിനൊരു ഇണയെ നിനക്ക് ഞാൻ ചേർത്ത് തന്നില്ലേ ും ഒറ്റകങ്ങളും നല്ല വണ്ടിയിലല്ലേ യാത്ര ചെയ്തിരുന്നത് ഇതൊക്കെ ഞാൻ തന്നതാണ് നിനക്ക് നിനക്ക് നിന്നെ ഞാൻ നല്ല നേതൃത്വവും നല്ല പ്രതാപത്തിലും തന്നെ വിട്ടേച്ചു ആ പടിമ പറയും അക്കോലു ബല പടച്ചോനെ നീ എനിക്ക് നല്ലൊരു കുടുംബം തന്നു നീ എനിക്ക് നല്ല വാഹനങ്ങൾ തന്നു നീ എനിക്ക് നല്ല ആദരവ് തന്നു എന്നിട്ട് അള്ളാഹു ചോദിക്കാണ് ഈ അനുഗ്രഹങ്ങളൊക്കെ അനുഭവിച്ചപ്പോൾ ഈ അനുഗ്രഹങ്ങളൊക്കെ സുഖകരമായി അനുഭവിച്ചപ്പോൾ ഇതൊക്കെ ഇതിന ഇതിനൊക്കെ എന്ത് ചെയ്തു എന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്ന ഒരു കണ്ടുമുട്ടൽ ഞാനും നീയും തമ്മിലുണ്ടെന്ന് നിനക്കോർമയുണ്ടായിരുന്നു നിന്റെ നീ കാണാതെ നിനക്ക് അനുഗ്രഹങ്ങൾ തന്ന ഈ അദൃശ്യനായ ശക്തിയെ പരമ മുഖാമുഖം കാണുമെന്നും നിന്റെ ദാമ്പത്യത്തെക്കുറിച്ചും നിന്റെ ലോകത്തുള്ള സ്ഥാനത്തെക്കുറിച്ചും മാനത്തെക്കുറിച്ചും സമ്പത്തിനെക്കുറിച്ചും നേതൃത്വത്തെക്കുറിച്ചും നിനക്ക് ഞാൻ തന്നിട്ടെന്തു ചെയ്തു എന്നൊരു ചോദ്യം ചോദിക്കാൻ നീ എന്റെ മുന്നിൽ വരുമെന്ന് നീ വിചാരിച്ചിരുന്നോ എന്ന് പഠിച്ചോൻ ചോദിക്കും ആ പടിമ പറയും ഇല്ലാന്ന് പറയും അപ്പൊ പടച്ചോൻ പറയാണ് അത്രയൊക്കെ അനുഗ്രഹങ്ങൾക്ക് മേലെ കയറി നിന്ന് സുഖമനുഭവിച്ചിട്ടും ഇതാരാ തന്നത് എന്ന് പോലും നിനക്ക് ആലോചിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇതാ എനിക്ക് നിന്നെ അറിയില്ല എനിക്ക് തന്നെ ഓർമ്മല്ലാന്ന് ലോകത്ത് അത്രയും അധികം അനുഗ്രഹങ്ങൾ നിന്നെ ജീവിപ്പിച്ചിട്ട് അതിന്റെ അടക്കം നിനക്ക് എന്നെ ഓർക്കാൻ ഒരു ആയുഷ്കാലത്ത് പറ്റിയിട്ടില്ലെങ്കിൽ എനിക്ക് നന്നെ ഓർമ്മല്ലാന്ന് പരലോകത്ത് പറയും ഇമാ മുസ്ലിമിന്റെ ഹാദീസ് സഹോദരങ്ങളെ വലിയ കടപ്പാടാണ് ഒരു ജീവിതത്തിൽ വലിയ സൗകര്യ ആൾക്കാരെ കാണുമ്പോൾ പറച്ചും നമുക്ക് വലിയ അനുഗ്രഹം തന്നല്ലോ എന്ന് മനസ്സിലൊരു കുളിമ നമുക്ക് തോന്നും പക്ഷെ സഹോദരൻ അല്ല സുഖമാണ് അവിടെ പോയതൊന്നും ചോദിക്കൂല ഒരു മാസം കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള കഷ്ടി ഒപ്പിക്കാവുന്ന ദിവസക്കൂലി വാങ്ങിയവനോട് അതേ ചോദിക്കുള്ളൂ ലക്ഷങ്ങളും കോടികളുള്ളവനോട് ജക്കാത്തെങ്കിലും കാണിക്കൂടേ സഹോദരങ്ങളെ അതെങ്കിലും പറഞ്ഞു ചോദിക്കൂലേ നല്ല നല്ല പ്രയാസം നാളെ പരലോകത്ത് വരും അതുകൊണ്ടാണ് പ്രവാചകന്റെ കൂടെ ജീവിച്ച സഹാപത്ത് പോലും സ്വർഗത്തിൽ കടക്കാൻ പ്രയാസം ഒന്ന് കുനിയേണ്ടി വരും എന്ന് പറയാൻ കാരണം നല്ല അനുഗ്രഹങ്ങൾ കിട്ടും തോറും വലിയ ബാധ്യത ഉണ്ട് സഹോദരങ്ങളെ ജീവിതത്തിൽ തിരിച്ചറിയണം മറ്റൊന്നെന്തായാലും അനുഗ്രഹം നന്ദി ചെയ്യാൻ തെറ്റ് ചെയ്യാതിരിക്ക തെറ്റ് ചെയ്യാതിരിക്കാജ് ഇറങ്ങിപ്പോന്നപ്പോൾ മനുഷ്യനെ വഴിപഴപ്പിക്കുന്ന നല്ലാട് കരാറ് ചെയ്തപ്പോൾ പിശാജ് പടച്ചോണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട് പടച്ചോനെ നീ വലിയ അനുഗ്രഹം കാര്യ ആൾക്കാർക്ക് കൊടുക്കും പക്ഷെ ഞാൻ ഭൂമിയിലിറങ്ങി പ്രവർത്തിച്ചാൽ നിനക്ക് നന്ദി ചെയ്യുന്ന അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ലാഗത്ത് ചെല്ലും വലത്തുഭാഗത്ത് ചെല്ലും മുന്നിൽ കൂടി ചെല്ലും പിന്നെ കുടി ചെല്ലും എങ്ങനെയെങ്കിലും നന്ദില്ലാത്തവനാക്കി അവനെ എന്റെ അടുത്ത് കൊണ്ടുവരും വലാത്തജിതു അക്സറവും ഷാക്കിരിയും അധികം ആളുകളെയും നന്ദിയുള്ളവരായി നിനക്ക് കാണാൻ പറ്റൂലാണ് സഹോദരങ്ങളെ എന്തെങ്കിലും ഒരു ത്യാഗം അള്ളാഹു കണക്കില്ലാത്ത അനുഗ്രഹം നിന്ന് എന്തെങ്കിലും ഒരു ത്യാഗം അതുകൊണ്ടാണ് ആ ത്യാഗം ചെയ്തുകൊണ്ടായിരിക്കണം ഇബ്രാഹിം ലബി അലൈഹി ഇസ്ലാമിനെ ഷാക്രലി അനുമുഖി എന്ന് പറയാൻ കാര്യം ഒരു ത്യാഗം പഠിച്ചവന് വേണ്ടി ഒരു ചീത്ത കേൾക്കാൻ പടച്ചവന് വേണ്ടി ഒന്ന് കരയാൻ പടച്ചവന് വേണ്ടി നാട്ടിൽ നിന്നൊരു ചെറിയ വിഷമം കുടുംബങ്ങളിൽ അനുഭവിക്കാൻ പടച്ചവന് വേണ്ടി നാട്ടിലൊന്നും ഒറ്റപ്പെടാൻ സഹോദരങ്ങളെ പഠിച്ചോടെ നമുക്ക് പറഞ്ഞൂടെ നാദാ നീ എനിക്കൊരു ജീവിതം തന്നു ഞാൻ എന്റെ കുടുംബത്തിലും ജോലിസ്ഥലത്തൊക്കെ പ്രയാസം അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ നിന്റെ ദീനിനു വേണ്ടി ഞാൻ സഹിച്ചിട്ടുണ്ട് നിന ദീനു വേണ്ടി പരമെന്നെ പഹി പരിഹസിച്ചു എന്റെ മുഖത്ത് നോക്കി കണ്ടുകൊണ്ട് ഗോഷ്ടി കാണിച്ചു എന്റെ കുടുംബങ്ങളിൽ നിന്ന് പുറത്താക്കി നാട്ടീരെന്നെ ബഹിഷ്കരിച്ചു ചീത്ത വിളിച്ചു അപ്പോഴൊന്നും ഞാൻ പിറകോട്ട് പോയില്ല ഞാൻ നന്ദിയുള്ളൊരടിമയാകാൻ പിടിച്ചു നിന്നു പഠിച്ചനോട് പറയാൻ സഹോദരങ്ങളെ അതൊക്കെ നന്ദിയുടെ ഭാഗങ്ങളാണ് നന്ദി പ്രവർത്തിക്കണമെന്നാണ് നന്ദി ഉണ്ട് എന്ന് മനസ്സുകൊണ്ട് പറഞ്ഞാൽ പോരാ ഈ അമരൂ ആല ദാവൂദിന്റെ കുടുംബമേ നിങ്ങൾ നന്ദിയുള്ളവരാ നന്ദി പ്രവർത്തിക്കുക എന്നാ ഇപ്പൊ സഹോദരങ്ങളെ ജീവിതത്തിന്റെ ഓരോ രംഗത്തും നന്ദി പ്രവർത്തിക്കാൻ അവസരമുണ്ട് ധനധർമ്മങ്ങൾ കൊടുത്താൽ സമ്പത്ത് കൊണ്ട് നാം നന്ദി ചെയ്യുകയാണ് അള്ളാഹുവിന്റെ ദീൻറെ ഭാഗത്ത് സമയം ജുമാക്ക് സഹോദരങ്ങളെ പാങ്കൊടുക്കുന്ന മുന്നേ കുറച്ച് നേരത്തെത്തിയാൽ സമയം കൊണ്ട് നാം നന്ദി ചെയ്തു പഠിച്ചതിനോട് മനസ്സായില്ലേ സമയം അള്ളാഹുന്റെ ദീന്റെ മാർഗത്തിൽ എന്തെങ്കിലും ചെറിയൊരു പ്രവർത്തനത്തിൽ സഹോദരങ്ങളെ കയ്യിൽ കിട്ടിയ മനസ്സിനെ മാറ്റാവുന്ന ഒരു നല്ല ആശയത്തിന്റെ ഒരു ലഘുലേഖ ഒരു സീഡി അയൽപക്കത്ത് കൊണ്ടുപോയി കൊടുക്കാൻ രാവിലെ സുബൈക്ക് ശേഷം ഒരു പത്ത് മിനിറ്റ് നടന്നാൽ നമ്മുടെ ആരോഗ്യം കൊണ്ട് കൈകാലുകളെ കൊണ്ട് പഠിച്ചവനും നാം നന്ദി ചെയ്തു സഹോദരങ്ങളെ ദീനിനെന്തെങ്കിലും അപകടാവസ്ഥകളും പ്രതിസന്ധികളും വരുമ്പോൾ ദീനിനെ പ്രതിരോധിക്കാനും ദീൻറെ രംഗത്ത് നിൽക്കുവാനും ദീനിനെ സംരക്ഷിക്കാനും നാം മനസ്സ് കാണിച്ചാൽ നാം ദീൻ കിട്ടിയതിന് അള്ളാഹു കൂടെ നന്ദി ചെയ്തു അതുകൊണ്ട് ജീവിതത്തിൽ എന്തെല്ലാം നമുക്ക് കിട്ടിയോ സഹോദരങ്ങളെ അതിനൊക്കെ നന്ദി ചെയ്യുക അമ്മാ ബിനെത്തിറബിക്ക ഫീസ് എല്ലാം ആ നന്ദി ജീവിതത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് അള്ളാഹോട് നന്ദി ചെയ്തുകൊണ്ട് ജീവിക്കുവാനാണ് അള്ളാഹു പറയുന്നത് എന്തെങ്കിലും ഒരു സുഖം ജീവിതത്തിൽ അനുഭവിച്ചോ ഒരു ചോദ്യം പരലോകത്ത് ഉണ്ട് എന്താ ചോദിക്കുക എന്തിനെ ഈ സുഖക്ക് അനുഭവിച്ചു എന്നാ ചോദിക്ക എന്തിനെ നല്ല വിരിപ്പിൽ കിടന്നുറങ്ങിയനാ ചോദ്യം എന്തിനാ സഹോദരങ്ങളെ നല്ല കാറിൽ സഞ്ചരിച്ചു ചോദ്യം അല്ല നല്ല കാറുണ്ടായിട്ടും നീ എന്തു ചെയ്തു നല്ല ശമ്പളം ഉണ്ടായിട്ടും നീ എന്തു ചെയ്തു രോഗമില്ലാതെ ഒരു ഗുളിക പോലും വായിൽ വെക്കാതെ അറുപത് കൊല്ലം ജീവിച്ചിട്ട് നീ ആ തടികൊണ്ട് എന്ത് ചെയ്തു അതല്ലേ ചോദ്യം സഹോദരങ്ങളെ അല്ലാതെ എന്ത് രോഗമൊന്നും വരാതെ ജീവിച്ചു എന്നല്ലല്ലോ ചോദ്യം രോഗം വരാത്തിന് എന്ത് നന്ദി ചെയ്തു അതുകൊണ്ട് സഹോദരങ്ങളെ ശിർക്ക് ചെയ്യാതെ ഇസ്ലാമിന്റെ ദീന ശരി കൊളുക്കൊണ്ട് കൂടുതലായി പഠിച്ച് സമയവും ആരോഗ്യവും അള്ളാഹുവിനുവേണ്ടി നൽകി യഥാർത്ഥ സത്യവിശ്വാസികളായി ജീവിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാണ് അലഹമദില്ല ഹംതം ബൻഫി അള്ളാഹു മുല്ല മുഹമ്മദ് മാലാലി മുഹമ്മദ് കമാസൊല്ലൈത്താലിം മാലാലി ഇബ്രാഹിം ബുബാഖല മുഹമ്മദ് മാലാലി മുഹമ്മദ് കമാ ബാരത്താല ഇബ്രാഹിം മാലാലി ഇബ്രാഹിം ഇന്ന ഹമീദ് മജീദ് ഒരിക്കൽ കൂടെ അള്ളാഹുന് സൂക്ഷി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്താൻ സഹോദരങ്ങളെ സ്വഹൈഹ്മസ്ലിം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിനാലാമത്തെ ഹദീസായിട്ട് കൊടുത്ത അബ്ദുലായിബിൻ അബറുബിൻ അസല നിവേദനം ചെയ്തൊരു ഹദീസിന്റെ അർത്ഥം കേൾപ്പിക്കുകയാണ് പറഞ്ഞു ഇന്ന ഉമ്മത്തുംവ നിങ്ങളുടെ ഈ സമൂഹമുണ്ടല്ലോ ആ സമൂഹത്തിന്റെ ഏറ്റവും സൗഖ്യമുള്ള കാലഘട്ടം ഏറ്റവും നല്ല കാലഘട്ടം ഏറ്റവും സുരക്ഷിതമായ കാലഘട്ടം അത് ആദ്യ കാലഘട്ടമാണ് നബിയുടെ സഹാപത്തിന്റെ ആ കാലഘട്ടമാണ് എന്നാൽ ദീനിയായി ജീവിക്കുന്ന ആളുകൾക്ക് കാലങ്ങൾ പിന്നിടും തോറും അവർക്ക് പരീക്ഷണങ്ങൾ വരും നിങ്ങൾക്ക് പരിചയമില്ലാത്ത പല കാര്യങ്ങളും നിങ്ങൾ കണ്ടെന്നു വരാം ഒത്തജി ഉഫിത്തിനത്തുൻ അങ്ങനെ ഓരോ കുഴപ്പങ്ങൾ വന്നുകൊണ്ടിരിക്കും ഫയുറഫിൻ ആ കുഴപ്പമൊന്നല്ല കുഴപ്പങ്ങൾ കുഴപ്പങ്ങൾ വന്നുകൊണ്ടിരിക്കും ഒത്തജി ഉൽ ഫിത്തന ഒയഫുൽ മുക്മിൻ അങ്ങനെ നല്ല സമാധാനത്തോടെയും സൗകര്യത്തോടെയും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിശ്വാസിക്ക് അവന്റെ വിശ്വാസ ജീവിതത്തിൽ നിരന്തരമായ പരീക്ഷണങ്ങൾ വരുമ്പോൾ അവൻ പറയും ഹാതിഹിക്ക് ഓ ഒക്കെ നശിച്ചു പോയി എനിക്ക് നാശമായി എന്റെ ജീവിതം പരാജയമായി എനിക്ക് പ്രയാസമായി ബുദ്ധിമുട്ടായി എന്നൊക്കെ പറയും പക്ഷെ കുറച്ചങ്ങനെ നിൽക്കുമ്പോ സുമ്പോ തൻക്ക് അതൊക്കെ നീങ്ങിപ്പോകും ആ പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോകുംഫിത്തന വീണ്ടും വേറെ വേറെ പരീക്ഷണങ്ങൾ വരും അപ്പോഴും വയക്കോലിൽ മീൻ സത്യവിശ്വാസി പറയും ഹാദിഹി ഹാദിഹിതാ എന്ന് അവൻ വീണ്ടും പറയും എന്നിട്ട് അള്ളാഹു പറയാണ് ഫമൻ അഹബ പ്രവാചകൻ പറയാനോട്ടെ സഹോദരങ്ങളെ ഇവിടെ ജീവിതത്തിന്റെ ആകെത്തുക നരകത്തിൽ പോകരുതേന്നാണ് എന്ത് പ്രശ്നങ്ങളും എന്ത് പ്രതിസന്ധികളും വന്നാലും നമ്മളെ വരലോകം നഷ്ടപ്പെടാതെ നമ്മളെ ദീനിന് കൂട്ടം പറ്റാതെ നമ്മുടെ തൗകിത്തിന് തകരാറ് പറ്റാതെ നമ്മുടെ നിസ്കാരത്തിന്റെ വക്ത് തെറ്റാതെ നമ്മുടെ ദീനീ പഠനത്തിന് പോറലേൽക്കാതെ നരകത്ത് നമുക്ക് ആർക്കെങ്കിലും നമ്മുടെ ശരീരത്തെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ യുദ്ധ ജന സ്വർഗം നഷ്ടപ്പെടാത്തൊരവസ്ഥ ഏത് കുഴപ്പ കാലഘട്ടങ്ങളിലും ഒരാൾ കാത്തു സൂക്ഷിച്ചാൽ മരിക്കുന്നത് വരെ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അവന്റെ മരണം അവന് വന്നെത്തേണ്ടത് എങ്ങനെയാണ് അള്ളാഹുലും പരലോകത്തിലും വിശ്വാസിക്കുന്ന ഒരു ശരിയായ വിശ്വാസിയായി അവൻ നിലനിൽക്കും മാത്രമല്ല അവന്റെ സ്വഭാവം എന്താണെന്ന് സഹോദരങ്ങളെ നമുക്ക് എന്തൊക്കെ ഇഷ്ടമാണോ അതൊക്കെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുക മറ്റുള്ളവരൊക്കെ പറ്റിച്ചിട്ട് നമ്മൾ ജീവിക്കാന്നുള്ളതല്ല സഹോദരങ്ങളെ മറ്റുള്ളവർക്കൊക്കെ നഷ്ടം പറ്റി മറ്റുള്ളവരൊക്കെ പിന്നെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്ത് നമ്മളെ കാര്യം നേടുക നമ്മൾ ആത്മാർത്ഥമായി എത്ര നന്മ നമുക്ക് അതുപോലെയുള്ള നന്മ ഇതരായി നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്കും ആഗ്രഹിച്ച് അവർക്കും ഈ സത്യത്തിന്റെ സന്ദേശങ്ങളെ പകരി അവർക്കും നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ പങ്കുവെച്ച് അവർക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കൊടുത്ത് നമ്മൾ ജീവിക്കണം ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ ഇപ്പൊ നോക്കുന്നു നിങ്ങൾ വെള്ളമില്ലാത്തിന്റെ പ്രശ്നം വല്ലാത്തതാണ് വല്ലാത്തൊരു പ്രയാസം ആൾക്കാർ അനുഭവിക്കണം സഹോദരങ്ങളെ എന്തായിരുന്നാലും ഒരു സ്ഥലത്തുള്ള വെള്ളം വേറെ സ്ഥലത്ത് കൊണ്ടുപോകാതെ ഇവിടെ ഉള്ള ആൾക്കാർക്ക് കുടിക്കാൻ പറ്റൂല കാരണം ഒരു ഗ്രാമത്തിൽ ഒന്നായിട്ട് കിണർ പറ്റിയാൽ പിന്നെ എന്താ കാട്ട് അപ്പൊ ആൾക്കാർ പറയുന്നു നല്ല വെള്ളമുള്ള സ്ഥലത്ത് വെള്ളം എടുക്കുമ്പോൾ നിങ്ങൾ ഇവിടുന്ന് വെള്ളം കൊണ്ടായാലും ഞങ്ങൾ വെള്ളമൊക്കെ തീരുന്നാണ് അതെന്തിനായ സഹോദരങ്ങളെ വെള്ളം അവർക്ക് തീർന്നു തീരുമ്പോൾ അതിന്റെ പ്രയാസം മറ്റുള്ളവർ പങ്കുവെക്കുക എന്നല്ലാതെ നമുക്ക് യഥേഷ്ടം കുടിക്കാൻ വെള്ളം ഉണ്ടാകുമ്പോൾ അടുത്തൊരുത്തും കുടിവെള്ളം ചോദിച്ചാൽ അത് കൊടുക്കാതിരിക്കാൻ എന്താണ് ന്യായമുള്ളത് ഒരു ന്യായമല്ല നമ്മുടെ സഹോദരങ്ങളെ നമ്മുടെ വെള്ളത്തിന്റെ മഹത്വം നമ്മൾ അറിയണം ഇപ്പോഴും ടാപ്പ് തിരിക്കുമ്പോൾ ഒരു വിഷമം തോന്നുന്നില്ലേ നമുക്ക് ടാപ്പിൽ തിരിക്കുമ്പോഴേ ആ വെള്ളം ഒന്നായിട്ടാണ് വരുമ്പോൾ ഇത്ര തിരിച്ചുകൂടലോ എന്ന് മനസ്സിലിപ്പോഴും തോന്നുന്നില്ലെങ്കിൽ സഹോദരങ്ങളെ ഈ വരൾച്ച അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങളിൽ വന്ന പരീക്ഷണത്തെ നാം തിരിച്ചറിഞ്ഞിരുന്ന എത്ര ടാങ്ക് വെള്ളം വീട്ടുണ്ടെങ്കിലും പൈപ്പ് തിരിക്കുമ്പോൾ കൈവറക്കണം അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ വില തിരിച്ചറിയണം സഹോദരൻ അത് പങ്കുവെക്കണം മറ്റുള്ളവർക്ക് കൊടുക്കണം കുടിക്കാൻ കൊടുക്കണം ഈ സമയത്ത് കൊടുക്കാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹം പങ്കുവെക്കാനുള്ള ഏറ്റവും വലിയ നന്മ ഇതന്നെയാണ് നാം അതിന്റെ മഹത്വം തിരിച്ചറിയുകയും മറ്റുള്ളവർക്ക് നൽകുകയും ചെയ്യാം നമുക്കിഷ്ടമുള്ളത് മറ്റുള്ളവർക്കും നൽകാൻ ഞാൻ സുഭിക്ഷമാവട്ടെ മറ്റുള്ളവർ എന്തോ ആവട്ടെ അങ്ങനെ ഒരു വിശ്വാസി ഒരു കാര്യത്തിൽ ചിന്തിക്കാനാണ് സഹോദരങ്ങളിൽ എല്ലാ കാര്യങ്ങളും ഇസ്ലാമിന്റെ നിയമങ്ങളെ പാലിച്ചു കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസം അള്ളാഹു തമ്മിൽ ഉൾപ്പെടുത്തു മാറാവട്ടെ സഹോദരന്റെ രോഗങ്ങളും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന കാരണം സഹോദരന്മാർ നമ്മുടെ കൊടുത്തിട്ടുണ്ട് അവർക്ക് അള്ളാഹു രോഗശമനവും അനുഗ്രഹവും പ്രദാനം ചെയ്യാൻ മരണം വരെ ഈ വിശ്വാസത്തിന് തീരും അടി ഉറച്ചു നിൽക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ ഞങ്ങൾ ഉൾപ്പെടുത്തണമെന്നാഥ അല്ലാഹു രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങൾ നീ കാത്ത് രക്ഷിക്കണമെന്നാഥി മരണപ്പെട്ടു പോയ ആളുകളുടെ കബറുകളെ നീ വിശാലമാക്കി കൊടുക്കണമേതാവി ഞങ്ങളുടെ പ്രബോധന രംഗത്തുള്ള എല്ലാ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും നീ നീക്കിത്തരണമേനാഥ് ഈ സത്യത്തിന് സന്ദേശം തൌകീതം മറ്റുള്ളവർക്ക് എത്തിച്ചുകൊടുക്കാനുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങളെ നീ വിജയിപ്പിക്കണമേനാ ണകളിൽ സന്താനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ കൺകുടിമ പ്രദാനം ചെയ്യണമെങ്കിൽ